ർഷും അതിനു ചുറ്റുമുള്ളവരും വഹിക്കുന്നവർ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധനാക്കുന്നു അവർ അവനിൽ വിശ്വസിക്കുകയും വിശ്വാസികൾക്കായി പാപമോചനം തേടുകയും ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ കാരുണ്യവും അറിവും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് അതിനാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗ്ഗത്തെ പിന്തുടരുകയും ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണമേ നരകശിക്ഷയിൽ നിന്ന് അവരെ കാത്തു